അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം നിങ്ങൾ അവന്റെ സ്തുതികളോടെ അതിനുത്തരം നൽകും നിങ്ങൾ വളരെ കുറഞ്ഞ കാലം മാത്രമേ ഇവിടെ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് അന്ന് നിങ്ങൾ കരുതും